ചർച്ച ചെയ്യുന്നത് അദ്വൈതം മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രല്ല മറ്റുള്ളവരൊക്കെ എന്തു പറയുന്നു അതിനെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്ന് അദ്വൈതത്തിനുള്ള വ്യത്യാസം എന്താണ് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അദ്വീതത്തിന്റെ തത്വം മാത്രം മനസ്സിലാക്കുകയല്ല മറ്റു വാദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റവരൊക്കെ എന്തുപറയും അവരുടെ നിലപാടെന്താണ് ആ അവരുടെ നിലപാടുകളൊക്കെ മനസ്സിലാക്കി അത് തള്ളിക്കളയുമ്പോഴാണ് ശരിക്കും അന്ദ്വിതം എന്താണെന്ന് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ അന്ദ്വിതം എന്ന് പറഞ്ഞ് നമ്മൾ ധരിക്കുന്ന ചിലപ്പം മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകളായിരിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വാദങ്ങൾ മനസ്സിലാക്കണം അവരെന്താ പറയുന്നത് അപ്പൊ അത് മനസ്സിലാക്കാന് നിഷേധിക്കണം അതാണ് ഇങ്ങനെ കൂടുതൽ തർക്കത്തിന്റെ ഭാഷയിൽ പോകുന്നു എന്നിട്ട് പിന്നെ അവസാനം കൂടെ തന്നെ അദ്വൈതം പറയും മരീചി ആണ് ബ്രഹ്മുള്ള ആളിനെ കുറിച്ച് പറയുന്നത് ജലമായി കാണുന്നത് എന്ന് പറയും ഉഷ്ണതരംഗങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ ജലമാ ജലത്ത് കാണുന്നുണ്ട് ഉഷ്ണതരംഗങ്ങളാണ് ജലമായി കാണുന്നതെന്ന് പറയുകയാണെങ്കിൽ ആ ജലം സത്താകാൻ വഴിയില്ല എന്തുകൊണ്ട് കിരണങ്ങളൊരിക്കലും ജലമല്ല അതുകൊണ്ട് കിരണങ്ങൾ തന്നെ സ്വയം ജലമായി മാറത്തില്ല കാരണം കിരണം കിരണം തന്നെയാണ് ജലം വേറെയാണ് ആൾക്കാർക്ക് അറിയാം രണ്ടിന്റെയും ഭേദം അറിയാം സത്ത് ഇനി ആ കാണുന്ന ജലം അസത്തെന്ന് പറയാൻ പറ്റില്ല അസത് എന്ന് പറഞ്ഞ വന്ധ്യാപുത്രം നമ്മുടെ ജലത്ത് കാണുകയാണ് അത് എന്ന് പറയാൻ പറ്റത്തില്ല ഇനി സത്ഖ്യാതിവാദി സത്ഖ്യാതിവാദിയാണ് സത്കാര്യവാദി അല്ല ഞാൻ െന്ന് മാറിയുന്നു അത് നാഗുതിരിഞ്ഞു പോകുന്നു സത്കാര്യവാദം സത്ഖ്യാതി എന്ന് പറയേണ്ടതിന്റെ സ്ഥാനത്താണ് ചിലടത്തൊക്കെ സത്കാര്യം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുമ്പോൾ ശരിക്കും മനസ്സിലാക്കുന്നു ഇവിടെയൊക്കെ ചർച്ച ചെയ്യുന്നത് സത്ഖ്യാതിവാദമാണ് സത്കാര്യവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പ് ഉപാദാനത്തിൽ അത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാണ് സത്കാരികർ കുടം ഉണ്ടാകുന്നതിന് മുമ്പ് മണ്ണിൽ കുടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സത്കാരികർമ്മമാണ് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല സത്യാഖ്യാതിയാണ് ഈ അനുഭവം അതിന്റെ വിഷയം സത്താണ് നമ്മളു അസത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ അനുഭവിക്കുന്നതിന്റെ വിഷയം ശൂന്യമാണ് സഖ്യാദി എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നതിന്റെ വിഷയം സത്താണ് അനർവചനീയ ഖ്യാതി എന്ന് പറഞ്ഞാൽ അനുഭവിക്കുന്നതിന്റെ വിഷയം അനിർവചനീയമാണ് സത്തൊന്നും അസത്തന്നും പറയാൻ പറ്റും വയ്യാത്താണ് ഇപ്പോ ഇവിടെ ഉദാഹരണമായിട്ട് മരുഭൂമിയിലെ ജലത്തെ എടുത്ത് പറയുകയാണ് ജലം അത് അസത്തെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് വസ്തു അസത്വ സത്കാരിവാദി പറയുന്നതനുസരിച്ച് അസത്തെന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവായിരിക്കും ഒരു വസ്തുവിന് മാത്രമേ അസത്വന്ന് പറയാൻ കഴിയൂ മന്ധ്യാപന പോലെ അല്ല എന്തുകൊണ്ട് ഭാവാാന്തരം അഭാവോ അന്യോ നിരൂപണ ഭാവാന്തരം അന്യൂപണം ഞാൻ പറയുന്ന അന്യങ്ങളൊക്കെ മനസ്സിലാക്കി അർത്ഥം അതുപോലല്ല പറയുന്നു മനസ്സിലാക്കാതെയൊക്കെ പറയും അഭാവ അഭാവം എന്ന് പറയുന്നത് മറ്റൊരു ഭാവമായിരിക്കും കാരണം പുസ്തകത്തിന്റെ അഭാവമാണ് മേശ എന്ന് പറയുമ്പോൾ മേശ ഒരു ഭാവമാണ് ഭാവ അഭാവം എന്ന് പറയുന്നത് മേശയാണ് ഭാവത്തെയാണ് അല്ലാതെ സത് ഖ്യാതി എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്ന സത്തിനായിരിക്കും അസത്തിനായിരിക്കാൻ പാടില്ല ഇപ്പൊ പുസ്തകം മേശയുടെ രൂപത്തിൽ ഇല്ലെന്നാ പറയുന്നത് അപ്പോൾ മേശയുടെ ഇല്ലായ്മ എന്ന് പറയുന്നത് പുസ്തകമാണ് അപ്പൊ മേശയുടെ അഭാവം എന്ന് പറയുന്നത് സത്താണ് പുസ്തകമാണ് തർക്കം ഇങ്ങനെ വസ്തുക്കളെ വച്ചുകൊണ്ട് തിരിച്ചും മറിച്ചും തർക്കത്തിലൂടെ ഓരോ കാര്യങ്ങളും സമർത്ഥിക്കുക പുസ്തകവും പുസ്തക രൂപത്തിൽ സത്താണ് മേശയുടെ രൂപത്തിൽ അസത്താണ് അപ്പോ അവിടെ അസത്തെന്ന് പറഞ്ഞാൽ എന്താണ് മേശയാണ് ഇതാണ് വസ്തോന് വസ്തുതരമേവ ഹി വസ്തുര അസത്വ ആസ്തുയ ഒരു വസ്തുവിന്റെ അസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു വസ്തുവായിരിക്കും എപ്പോഴും ഭാവാതരം അഭാവ ഭാവാന്തരം അഭാവം എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാവത്തെയാണ് പറയുന്നത് വസ്തുവേശയുടെ രൂപത്തിൽ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ അഭാവം എന്ന് പറയുന്നത് മേശയാണ് പുസ്തമാരൂപത്തിലില്ലെന്നാ പറയും അഭാവോഭാവം എന്നാ അന്യക്കശി അഭാവമല്ലാതെ അഭാവം എന്ന് പറയുന്ന ഭാവമല്ലാതെ മറ്റൊരു വസ്തുവല്ല എന്നിട്ട് അഭാവമല്ലാതെ അങ്ങനെ എന്താണ് നിരൂപണം ചെയ്യാൻ കഴിയത്തില്ല അങ്ങനെ ചിന്തിച്ച് നിശ്ചയിക്കാൻ കഴിയത്തില്ല ഏത് വസ്തുവിൻ്റെ നമ്മൾ നമ്മളെ അഭാവം എന്ന് പറയുമ്പോഴും അത് പരരൂപത്തിൽ അഭാവം എന്നാണ് പറയുന്നത് സ്വരൂപത്തിൽ അപ്പോ ഭാവമായിരിക്കും അപ്പൊ ഒന്നിനെ തന്നെ നമ്മൾ ഭാവമൊന്നും അഭാവമൊന്നും പറയുന്നതെന്നാണ് സത്കാരി പറയുന്നത് എന്നാ അഭാവമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അസ്വത്വമൊന്നുമില്ല എന്നാ സത്കാരി അവർക്കൊരുതരത്തിലൊരു അഭാവത്തെ അംഗീകരിക്കാൻ പറ്റില്ല ഭാവമേ ഉള്ളു അഭാവം പറഞ്ഞാൽ അതൊരു ഭാവമായിരിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് വിശദീകരിച്ചത് ഭവാന്തര അഭാവം അന്യൂന അകസ്യത അന്യൂപണാതിരി വധദ്ധി വസ്തുതരസ്യ അസത്വവാസ്തീയത സ്വീകരിക്കുന്നു എന്ത് സ്വീകരിക്കുന്നു അസത്വം എന്ന് പറഞ്ഞാൽ അതൊരു വസ്തുവായിരിക്കും അല്ലാതെ മന്ധ്യാപുത്രനെ പോലെ ശൂന്യമല്ലേ മരുഭൂമിയിലെ ജലത്തെ നോക്കുക അത് വേറെ ഏതെങ്കിലും ഒരു വസ്തുവാണ് ആരോപിതം രൂപം എന്ന വസ്തുതന്തിരോ എന്ന് പറഞ്ഞ എന്താണ് കാരണം ഇവര് പറയുന്ന എന്താണ് അസത്വം എന്ന് പറഞ്ഞൊരു വസ്തുവായിരിക്കും ഇപ്പോ ആ മരുഭൂമിയിലെ ജലം അത് മറ്റേതെങ്കിലും ഒരു വസ്തു ആണോ ഏത് വസ്തു ആണുന്ന എന്താണോ അവിടെ ജലം അത് മറ്റൊരു വസ്തു ആണോ എന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ആകത്തില്ല എന്നർത്ഥം അപ്പോ പിന്നെ ചോദിക്കുന്നത് എന്ത് അത് മറ്റൊരു വസ്തുവല്ലെന്ന് പറയാൻ കാര്യം എന്തുകൊണ്ടാണ് കാരണം ഇവര് പറയുന്നത് അസത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുവായിരിക്കും എന്നാണ് ഇവർ പറയുന്നത് ഇപ്പൊ മരുഭൂമിയിലെ ജനം ഏത് വസ്തുവാണ് അതൊരു വസ്തുവെന്ന് പറയാൻ പറ്റുമോ അതൊരു വസ്തുവെന്ന് പറയാൻ പറ്റില്ല ഭവേത് അത് വസ്തുവാന്തരമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മറ്റൊരു വസ്തു ആണ് അവിടെ അവിടെ കാണുന്ന ജലം എന്ന് പറയുന്നത് എന്താണ് അത് മറ്റൊരു വസ്തുവാണ് കാരണം എന്താണ് ഈ ജലത്തെ എന്തായി സ്വീകരിക്കുന്നു അസത്തായിട്ട് അഭാവമായിട്ട് അസത്തായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വസ്തുവായിരിക്കണം അത് വസ്തുതന്ധരമല്ല ഇനി അതൊരു വസ്തുവാണെങ്കിൽ ആണ് ചോദിക്കുന്നത് അധികം മരീചയോ വാ ഭവരീചയാണോ അത് ആ കാണുന്ന ജലം ഉഷ്ണകിരണമാണോ എന്നാണ് വസ്തുതരമാണെങ്കിൽ ആ പക്ഷം ചോദിക്കുകയാണ് വസ്തുതരമാണെന്ന് പറഞ്ഞാൽ ആണ് അതെന്തായാലും മരീചിയാണോ അല്ല അതോ ഇനി ഗംഗാധിഗതം തോയമ്പ കാരണം അവിടെ മരീചിന്നല്ല പറയുന്നത് ജലമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ മരീചിയെന്ന് പറയാൻ പറ്റില്ല കാണുന്ന ആളെന്താ പറയുന്നത് അവിടെ ജലമെന്നാണ് അപ്പോ മരീചിന്നെങ്കിലും പറയാൻ പറ്റും ഇനി ജലമെന്ന് പറയുന്നത് കൊണ്ട് ഗംഗാധിഗതം തോയമ്പ ഗംഗയിലെ ജലമാണ് ഗംഗയിൽ കിടക്കുന്ന വെള്ളമാണോ കാണുന്നത് രണ്ട് ശരിയല്ല പൂർവ്വസും കൽപ്പേ ആദ്യപക്ഷം കൽപ്പമെന്ന് വെച്ച പക്ഷം ആദ്യപക്ഷത്തിൽ മരീചയിൽ പ്രത്യേകിച്ച് വെള്ളത്തെ നോക്കിയിട്ട് ഒരാൾ പറയുന്നത് മരീചിയാണെങ്കിൽ കാണുന്നയാളെന്ത് എങ്ങനെയായിരിക്കും അവരുടെ ഇതാ ഇത് മരീചി ഒന്നായിരിക്കും എങ്ങനെയാണ് അനുഭവം കാണുന്നയാളുടെ അനുഭവം എന്താണോ ജലം ഒരാള് പറയുന്ന അല്ല അത് മരീചിയാണെന്ന് പറഞ്ഞാൽ കാണുന്നയാണെന്ന് പറയും മരീചിതി പ്രത്യേകിച്ച് അപ്പോ ഇത് ഉഷ്ണകിരണമാണ് ജലത്തെ നോക്കിയിട്ട് ആള് പറയും ഇത് ഉഷ്ണകിരണമാണെന്ന് പറയും പിന്നെ തോയം അയാൾക്ക് പിന്നെ അത് കണ്ടിട്ട് ഇത് വെള്ളമാണെന്ന് പറയാൻ പറ്റില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ്റുന്നില്ല അത് മരീചിയാണെന്ന് പറഞ്ഞാൽ മരീചിയാണെങ്കിൽ കണ്ട മരീചി എന്നേ പറയാൻ പറ്റും അപ്പോ സത്കാരിവാദി പറയുന്നത് എന്താണ് ഭാവാന്തരം അഭാവം എന്നാണ് അഭാവം ഭാവാാന്തരം എന്നാണ് അപ്പോ ഈ തോയെന്ന് പറയുന്നത് ബാധിക്കപ്പെടുന്നതാണ് അസത്യമാണ് അപ്പോൾ അത് അഭാവമാണ് അപ്പോ അത് മറ്റൊരു വസ്തുവായിരിക്കും ഏതാണ് മരീചിയാണോ പറയാൻ പറ്റില്ല ആണെങ്കിൽ മരിചുന്ന അനുഭവം ഉണ്ടാവും തൊഴിമതി ഉത്തരസ്മിൻ തൂ എന്ന് വെച്ച ഉത്തരസ്മിൻ കപ്പേ എന്ന രണ്ടാമത്തെ പക്ഷം എന്താണ് രണ്ടാമത്തെ പക്ഷം എന്താണ് രണ്ടാമത്തെ പക്ഷം അത് ഗംഗാജലമാണോ കാരണം ജലമാണെങ്കിൽ എന്ത് ജലമെന്ന് പറയണ്ട സൂര്യകിരണമല്ല പക്ഷെ കാണുന്ന എന്തോന്നു ജലമാണ് ഇപ്പൊ അത് ഏത് ജലം അതുപോലെ വേണ്ടി ഒരു ഗംഗയിലെ ജലമാണോ ഗംഗാദി എന്ന് പറയാൻ വേറെ ഏതെങ്കിലും ഒരു ജലമൊന്നും വരാം ഗംഗയിലെ വെള്ളമോ കുളത്തിലെ വെള്ളമോ കടലിലെ വെള്ളമോ വെള്ളം ഇവിടെ എവിടെയെങ്കിലും കിടക്കണമല്ലോ ഇത് കടൽ അതാണോ ഇനി കാണുന്നത് ഇപ്പം മരുഭൂമിയിലൊരിക്കലും കടലിലെ വെള്ളം വരത്തില്ല ഇനി അത് വെള്ളമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗായം തോയ കാണുന്നയാളെന്താ പറയും ഇതാ ഗംഗാജലം എന്ന് പറയണെ അങ്ങനെ പറയാറുണ്ടോ അപ്പൊ അഭാവ ഭാവാന്തരോ എന്നുള്ള ഒരു സത്കാരിവാദിയുടെ സിദ്ധാന്തം പ്രതികരിച്ചു കഴിഞ്ഞാൽ എവിടെ അഭാവം വരുന്നോ അത് ഭാവമായിരുന്നു അപ്പോ ഇത് ഒന്നുകിൽ എന്തു പറയേണ്ടി വരും പിന്നെന്ത്യേണ്ടി വരും ഈ കാണുന്ന വെള്ളത്തിനെ എന്ത്യേണ്ടി വരും മരീചി എന്ന് പറയേണ്ടി വരും കാരണം അഭാവം എന്ന് പറയുന്നത് ഭാവമാണ് അല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും ജലമെന്ന് പറയേണ്ടി വരും അപ്പോ അത് ഗംഗാജലമാണെങ്കിൽ ഏത് ജലമാണോ അത് പറയേണ്ടിയിരുതാ ഗംഗാജലം ഗംഗാജം തോയ മിരിസ്യാ അങ്ങനെ വരെ വേണ്ടി ഇവിടെ എന്താ പറയുന്നത് പുനരിഹ ഇവിടെ പറയുന്ന ഇഹ തോയം എന്താ ഇവിടെ വെള്ളം എന്നാ പറയുന്നത് മരുഭൂമിയിൽ വെള്ളം ആണെങ്കിൽ മരുഭൂമിയെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ ഇവിടെ വെള്ളം എന്ന് പറയാൻ പറ്റില്ല പിന്നെ എന്തു പറയാള് ഗംഗാജലെന്ന് പറയും അവിടെ കാണുന്ന ആ വെള്ളം ഗംഗയിലെ ജലമാണെങ്കിൽ അയാൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല മരുഭൂമിയെ ചൂണ്ടിക്കാണിച്ചിട്ടെന്ത് ഇഹ ജലം ഇവിടെ ജലം എന്ന് പറയാൻ പറ്റില്ല പിന്നെ അയാൾ എന്ത് പറയേണ്ടി വരും എന്തായിരിക്കും പറയുന്നു അപ്പൊ സമുദ്രത്തിലെ ജലമാണെങ്കിൽ മരുഭൂമി ചൂണ്ടിക്കാണിച്ചിട്ടയാളെന്ത് പറയും എങ്ക സമുദ്ര ജലമാണെങ്കിൽ പൊട്ടന്മാരൊക്കെ സമുദ്രത്തിലെ ജലത്തെയാണ് അവിടെ കാണുകയാണെങ്കിൽ അയാളവിടെ നോക്കിട്ടെന്ത് പറയും മരുഭൂമി നോക്കിട്ടയാൾ എന്തായിരിക്കും പറയുന്നത് ഒരു ബോധം ഇതിനാദ്യം പറഞ്ഞാ മതിയായിരുന്നു ഇത്രയൊക്കെ പറഞ്ഞിട്ടാണോ പറഞ്ഞിട്ട് മരുഭൂമിയിലെ വെള്ളം കണ്ടിട്ട് മരുഭൂമിയിലെ വെള്ളം കാണുന്നു എന്തെങ്കിലും വിളിച്ചു പറയരുത് ഇത് അടുക്കളയല്ല അവിടെ ചെന്നാണ് ഈ വായി തോന്നുന്നത് വിളിച്ചു പറയുന്നത് ഇവിടെ പറയുമ്പോൾ ഭാവശോളെ പറയാമോ മരുഭൂമിയിൽ കാണുന്നു എന്ത് ജലം കാണുന്നു അപ്പൊ അത് സമുദ്രത്തിന്റെ ജലമായിരുന്നെങ്കിൽ ആ ജലം കണ്ടിട്ടെന്ത് പറയുന്ന ഞാൻ ചോദിച്ചത് സമുദ്ര ജലം എന്ന് പറയും ഇത്തിരി സിമ്പിളായ കാര്യമില്ലേ അതിനാണോ ഇത്തിരി ഉത്തരം സിമ്പിളായ ഉത്തരം പറയുന്നതിനാണോ നൂറുത്തരം പറയുന്നു സമുദ്ര ജലമെന്ന് പറയും പക്ഷേ ആ മരുഭൂമിയിലാ ജലം കണ്ടിട്ട് ഒരാൾ എന്താ പറയുന്നത് ഇവിടെ ജലം എന്നാ പറയുന്നത് ഇവിടെ എന്ന് വെച്ചാ ഇവിടെ മരുഭൂമിന്റെ ജനം എന്നാ പറയുന്നത് അപ്പൊ ഇത് സമുദ്രത്തിലെ ജലമാണോ അല്ല ഇതാണ് ഈ പറയുന്നത് ഇത്രേം മനസ്സിലാക്കാവുള്ളൂ ഉത്തരസ്മിൻ തൂ ജനമാണെങ്കിൽ ഗംഗായാം തോയമിരി ഗംഗയിലെ വെള്ളം ആണെങ്കിൽ കാണുന്നതാണ് ഇതാ ഗംഗയിലെ വെള്ളം എന്ന് പറയും ഇഹ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു ഇതാ ഇവിടെ ഈ മരുഭൂമിയിൽ വെള്ളമൊന്നും പറയത്തില്ല അപ്പം മരുഭൂമി സഞ്ചരിക്കുന്നയാള് മരുഭൂമിയിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്താ പറയുന്നത് ഇതാ ഇവിടെ ഇവിടെ എന്താ ഈ മരുഭൂമിയിൽ വെള്ളം എന്നാ പറയുന്നു അല്ല കടലിൽ വെള്ളം എന്ന് പറയുന്നു ഇവിടെ വെള്ളം എന്നാ പറയുന്നു അതാണ് ഇവിടെ ചോദിച്ചത് ആരോപിതരൂപം നിങ്ങൾ ആ മരുഭൂമിയിൽ കാണുന്ന ജലം എന്ന് പറയുന്നത് സൂര്യകിരണങ്ങളാണോ എന്തായാലും അത് അഭാവമാകാൻ പാടില്ലല്ലോ ഭാവമാണോ അത് ഗംഗയിലെ ജലമാണ് സൂര്യകിരണമാണെങ്കിൽ കാണുന്നയാളെന്ത് പറയും കാണുന്നയാളെന്തു പറയും സൂര്യകിരണം എന്ന് പറയും അതവിടെ ഉള്ളത് സൂര്യകിരണമാണെങ്കിൽ അയാൾ സൂര്യകിരണവും ഗംഗയുടെ ജല ജലമാണെങ്കിൽ അയാൾ ഗംഗാജലമെന്ന് പറയും ഇതൊന്നുമില്ല അയാള് പറയുന്നത് ഇഹ ജലം ഈ മരുഭൂമിയെ ജലമെന്നാണ് അതുകൊണ്ടെന്ത് മനസ്സിലാക്കാം ആ അയാൾ കാണുന്നത് അയാളുടെ അറിവിന് വിഷയമായിരിക്കുന്ന വസ്തു ആ ജലം സൂര്യകിരണവും അല്ല സമുദ്രത്തിലെ ജലവും അല്ലെങ്കിൽ ഗംഗയുടെ ജലവും അല്ല അപ്പോൾ ഒരാൾ പറയുകയാണ് എന്തായാലും അത് സൂര്യീകരണമല്ല എന്തുകൊണ്ട് കാണുന്ന ജലമാണ് പിന്നെ എന്താണ് അത് ഒരുപക്ഷെ ഗംഗയുടെ ജലമായിരിക്കും അല്ലെങ്കിൽ സമുദ്രത്തിലെ ജലമായിരിക്കും കുളത്തിലെ ജലമായിരിക്കും അത് ആ ദേശത്തെ ഓർക്കുന്നില്ല അതായത് കുളം എന്നുള്ളതിനെ ഓർക്കുന്നില്ല മറന്നുപോയി ഗംഗ എന്നുള്ളതിനെ ഓർക്കുന്നില്ല സമുദ്രം എന്നുള്ളതിനെ ഓർക്കുന്നില്ല ഓർക്കാതെയാണ് ഇഹ ജലമെന്ന് പറയുന്നത് ശരിക്കും ആ ജലം എവിടെ കിടക്കുന്നതാണ് ഒന്നിൽ ഗംഗയിലുള്ള വെള്ളമാണ് അല്ലെങ്കിൽ സമുദ്രത്തിലാണ് അല്ലെങ്കിൽ കുളത്തിലാണ് എന്നൊരാള് പറയുകയുള്ളു ഒരു വാദം ദേശഭേദാസ്മരണേ ഗംഗ സമുദ്രം കുളം എന്നീ ദേശങ്ങളെ ദേശവിശേഷങ്ങളെ സ്മരിക്കാതെ ആണ് സ്മരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇഹ തോയം ഇവിടെ വെള്ളം എന്ന് പറയുന്നതാണെങ്കിൽ എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അയാൾക്കൊരിക്കലും ഇഹ തോയം എന്ന് പറയാൻ പറ്റില്ല പിന്നെ തോയം ഇത് പുനരിഹേരി ഇഹ എന്ന് പറയുന്ന മരുഭൂമി പറയുകയാണ് ഇത് എവിടത്തെ വെള്ളമാണെന്ന് തിരിച്ചറിയത്തില്ലെങ്കിൽ അയാൾക്ക് പറയാൻ പറ്റൂ ജലം അയാൾക്കൊരിക്കലും പറയാൻ പറ്റില്ല മരുഭൂമിയിലെ ജലം ഇഹ എന്ന് പറഞ്ഞാൽ മരുഭൂമി എന്നാണ് ഇവിടെ നിന്നാണ് അപ്പോൾ ഇഹ എന്ന് പറയുന്നതുകൊണ്ട് ഈ ജലമെന്ന് പറയുന്നത് മറ്റ് യഥാർത്ഥ ജലം അല്ല മരീചി എന്ന അനുഭവമുള്ള അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഇത് സൂക്ഷ്മകരണവും അല്ല പിന്നെ ഇയാളുടെ അനുഭവം എന്താണ് ഇഹ ജലം മരുഭൂമിയിൽ ജലമെന്നാണ് അനുഭവം ഇതിനാണ് പ്രാധാന്യം അനുഭവം എങ്ങനെയാണ് ഇഹ ജലം എന്നാണ് അനുഭവം ഇത് ആര് പറയുന്നു ആരാ പറയുന്നത് അദ്വൈതി പറയാണ് ഇപ്പോഴാണ് അസത് ഖ്യാതിവാദി പറയുന്നത് ഇതം അത്യന്തം അസിരസ്ത സമസ്ത സ്വരൂപം അനേകമേ വസ്തു ഇതി സമ്പ്രദം അപ്പോഴാണ് ശൂന്യവാദി പെട്ടെന്ന് ഇടയ്ക്ക് കയറി വരികയാണ് അവർ പറയുന്നു ഈ കാണുന്ന ജലം ഇതെന്താണിത് പൂർണ്ണമായും ഇല്ലാത്തതാണ് അതിന് ഒരു സ്വരൂപവും ഇല്ല അത് കിരണവുമല്ല ഇങ്ങയുടെ ജലവുമല്ല ഒന്നുമല്ല കേവല ശൂന്യമാണ് എന്നാര പറയും ശൂന്യവാദി ശൂന്യവാദി അസഖ്യാദിവാദി ീ കാണുന്ന ജലം അത്യന്തം അസത്വം പൂർണായുമില്ലാത്തതാണ് നിരസ്ത സമസ്ത സ്വരൂപം അതിന് യാതൊരു തരത്തിലുള്ള സ്വരൂപമില്ലെന്നു വെച്ചാൽ സത്വം എന്ന് പറയാൻ പറ്റില്ല അസത്വന്ന് പറയാൻ പറ്റില്ല സത് അസത്വം എന്ന് പറയാൻ പറ്റില്ല ഒന്നും അങ്ങനെ പറയാൻ പറ്റില്ല കേവലം ശൂന്യം അനീകമെന്നു വച്ചാൽ ശൂന്യമേവാസ്തു ശൂന്യമായിക്കോട്ടെ വിധി പൂർവ്വത്തോടെ അനുഭവിക്കുന്ന നജസാമ്പ്രദം എന്ന് പറയുന്നത് ശരിയല്ല ശൂന്യം എന്ന് വിളിക്കാൻ പാടില്ല ഏങ്ങനെ മരുഭൂമിയിൽ കാണുന്ന ജലം ശൂന്യം എന്ന് പറയാൻ പാടില്ല എന്തുകൊണ്ട് പറയാൻ പാടില്ല തസ്യ അനുഭവ ഗോചരത്വ അനുഭവത്തെ ശൂന്യമായിരുന്നെങ്കിൽ നമ്മുടെ അനുഭവ വിഷയമാകത്തില്ല ഏതുപോലെ ് ആകാശം അനുഭവത്തിന് വിഷയമാകില്ല അപ്പൊ മരുഭൂമി കാണുന്ന ഈ ജലം ശൂന്യമാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അനുഭവത്തിന് വിഷയം ആകത്തില്ല തസ്യ അനുഭവഗോചരനുപത്തേഹേ ശൂന്യമാണെങ്കിൽ മുമ്പെ കാണുന്ന ഈ ജലം അനുഭവത്തിന് വിഷയം എന്നുള്ള കാര്യം അധസ്ഥാ ദുക്തം എന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞ കാര്യമാണ് മുമ്പ് ചർച്ചയിൽ വന്ന നേരത്തേനെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്താ ഇത് പറയണം തസ്മാസത്ത് ഈ മുമ്പെ കാണുന്ന വെള്ളം മരുഭൂമിയിൽ കാണുന്ന ആ വെള്ളം സത്ത് അല്ല തസ്മാസത്ത് അസത്തല്ല ഇത് ശൂന്യവും അല്ല പിന്നെ നാവി സതസത് സത്വം അസത്തും കൂടെ കൂടി ചേർന്ന് സത് അസഖ്യാതിവാദി എന്ന് പറയും സാഖ്യന്മാരെ അവരെന്താണ് സദസഖ്യാതിവാദികളാണെന്ന് പറയും ചെറുത് സത് സഖ്യാതിവാദികളെന്നൊക്കെ പറയും എന്തായാലും അവരെ സദസും സത്വം അസത്വവും കൂടെ ചേരുന്നതാണ് അങ്ങനെയും സത് അസത്തെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ സത്തിന്റെ വിപരീതമാണോ അസത്ത് അസത്തിന് നേരെ വിപരീതമാണ് സത്ത് രണ്ടൂടെ ചേർന്നിരിക്കുക പരസ്പര വിരോധം കൊണ്ട് സത് അസത്തൊന്നും പറയാൻ പറ്റില്ല ഈ പിന്നെന്തുപറയും അണർവാച്യമേവ ആരോപണീയം മരീജിഷ് തോയം ആസ്ഥേയം പിന്നെന്തു ചെയ്യണം മരീശിഷു ആരോപണീയം തോയം മരുഭൂമിയിൽ ആരോപിക്കപ്പെടുന്ന ആ ജലം എന്താണ് അനിർവാച്യം അത് അനിർവാച്യമാണ് അതിനെ വചിക്കാൻ കഴിയത്തില്ല എന്നിട്ട് നിർവചിക്കാൻ കഴിയത്തില്ല എന്ന് ആസ്ഥേയം സ്വീകരിക്കണം മരുഭൂമിയുടെ ജലത്തെ നിർവചിക്കാൻ കഴിയത്തില്ല എങ്ങനെ നിർവചിക്കാൻ കഴിയില്ല സത്തെന്നോ പിന്നെ അസത്തെന്നോ പിന്നെ അസത്തെന്നോ നിർവചിക്കാൻ കഴിയുന്നു പിന്നെന്ത് പറണം അതുകൊണ്ടാണ് അങ്ങനെ നിർവചിക്കാൻ കഴിയാത്തോണ്ട് ആണ് എന്ത് പറയുന്നത് അതാണ് തനുമൂത്തലായവർ സത്വമല്ല ഓർത്താൻ അടുമല്ല അവാച്ചുമായിരുന്നു അവാചെന്ന് വെച്ചാൽ അനോജന്യം ഇതേ സിദ്ധാന്തം എന്തുന്നെ അവിടെയും പറയുന്നു ഇതാണ് സിദ്ധാന്തം ഇതുവരെ അധ്യാസ ഭാഷയും ഇതുവരെ ചർച്ച ചെയ്ത് ഈ ഒരു വരി പറയാൻ വേണ്ടിയിട്ടാണ് ആരോപണീയം തോയം മരീഷു ആരോപണീയം തോയം അനിർവാച്യം ആസ്ഥേയം ഇതാണ് സിദ്ധാന്തം ഈ ഒരു വരി ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ആദ്യം പോലെ എവിടെമോലെ യുഷ്മസ്മത് പ്രത്യേക ഗോചരയോഹോ തുടങ്ങി ഇതുവരെ ചർച്ച ചെയ്തെന്താണ് ഈ ഒരു വരിയാണ് സിദ്ധാന്തം ബാക്കി ഇടയ്ക്ക് വന്നതൊക്കെ എന്താണ് പുറവോഷവും സിദ്ധാന്തം സിദ്ധമായിട്ട് കൂടുതലും പൂർവോഷമാണ് സിദ്ധാന്തമായി പറയാ ഇത്രേയുള്ളൂ അവസാനം ഈ പറഞ്ഞാണ് സിദ്ധാന്തം മരുഭൂമിയിലെ ജലം എന്താണോ അവാചം എന്നോട് പറഞ്ഞു ആ അനർവാ ഇതാണ് അദ്വൈതത്തിന്റെ സിദ്ധാന്തം ഇതുപോലെയാണ് ഈ പ്രപഞ്ചം എന്താണോ പറയുന്നത് ദേഹാദിപ്രപഞ്ചവും അനിർവചനീയമാണ് അനിർവാച്യമാണ് ആരോപണീയമാണ് പറയുന്നത് ആ ഒരു വരിയിലെ സിദ്ധാന്തം പറയുന്നത് അനേനക്രമേണ ഈ പറഞ്ഞ രീതിയിൽ എന്ന് തുടക്കം മുതൽ ഇതുവരെ പറഞ്ഞ രീതിയിൽ അനേനക്രമം എന്ന് പറയുന്നത് ഈ ക്രമത്തിൽ അനർവചനീയ ഖ്യാതി എന്ന് പറയും ഇതാണ് ഈ പറഞ്ഞ രീതിയിൽ അധ്യസ്തം തോയം പരമാർത്ഥ തോയം ഇവ അധ്യസ്ഥമായ തോയം എന്ന് വെച്ചാൽ മരുഭൂമിയിൽ ആരോപിക്കപ്പെട്ട ജലം പരമാർത്ഥത്തോയം ഇവ പരമാർത്ഥ ജലം പോലെ എന്ന് വെച്ചാൽ കുളത്തിലോ തോട്ടിലോ ഒക്കെ കിടക്കുന്ന ജലം പോലെയാണ് എന്നർത്ഥം എന്തിനാ അങ്ങനെ പറഞ്ഞത് പരമാർത്ഥ തോയം പോലെയാണെന്ന് പറയാൻ കാരണം എന്താണ് സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട അവഭാസ സ്മൃതിരൂപറഞ്ഞു സ്മൃതിരൂപത്തിന് എന്തര്ത്ഥം പറഞ്ഞു സ്മൃതിരൂപം ഇവ രൂപം അസ്യാ ഇവിടെ ജലത്തെ ആരോപിക്കുന്നു പക്ഷെ മുമ്പ് കണ്ട ജലം പോലെയാണ് ആ കണ്ട ജലമല്ലാതിന്റെ സ്മൃതിയുണ്ട് പക്ഷെ അതുപോലെയാണ് ഇവ അതാണ് ഇവ ചേർത്തിരിക്കുന്നത് പരമാർത്ഥ തോയം ഇവ കുളത്തിലെ വെള്ളം പോലെയാണ് ഈ കാണുന്നത് അതേ ഇവ പൂർവദിഷ്ടം ഇവ അതാണ് ലക്ഷണം പറഞ്ഞപ്പോൾ അവിടെ എന്തു പറഞ്ഞു പൂർവദിഷ്ടം ഇവ സ്മൃതിരൂപ പരത്ര പൂർവദിഷ്ട എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പൂർവ്വദിഷ്ട ഇവ മുമ്പ് കണ്ടതുപോലെ മുമ്പ് കണ്ടതല്ല ഈ കാണുന്നത് ആണ കുളത്തിക്കണ്ട വെള്ളമാണീ കാണുന്നത് ഇപ്പോ സ്മൃതിരൂപ പരത്ര പൂർവ്വദിഷ്ട അവഭാസ എന്നിട്ട് മുമ്പ് കണ്ടതുപോലെ മുമ്പ് കണ്ടതല്ല തത്വദസ്തു നജപൂർവ്വദിഷ്ടം വാസ്തവത്തിൽ പരമാർത്ഥത്തിൽ ഒരു ജലമേ അല്ല മുമ്പ് കണ്ടതും ഏത് മരുഭൂമിയുടെ ജലം എന്ന് പറയുന്നത് തത്വത അമാർത്ഥത്തിൽ നോയം അത് കുളത്തിലെ വെള്ളം അല്ല നിജപൂർവ്വദിഷ്ടം അതുമ്പ് കണ്ടതും അല്ല ഹിന്ദു പിന്നെന്താണത് അനർത്ഥം അനർവാച്യം ഇവിടെ അനുദം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം അന്റർവാച്യം എന്നർത്ഥം ഇവിടെ അനുദെന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞത് സത്വം മുല്ല വർത്താൻ അനുദവും അങ്ങനെയല്ല ഇവിടെ അനുദെന്ന് വെച്ചാൽ സത്വമല്ല അസത്വം അല്ല എന്നർത്ഥം ഇവിടെ അനുദം എന്ന് പറഞ്ഞാൽ അസത്വം എന്നർത്ഥം ഈ ശബ്ദങ്ങളൊക്കെ പല പല അർത്ഥത്തിൽ സന്ദർഭമനുസരിച്ച് അസർത്ഥം മനസ്സിലാക്കുന്നു െന്താണ് ഇവിടെ അനുബന്ധം എന്നിട്ട് അണ്ണുവാച്ച് അവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അസത്യം അർപ്പദേശത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അസത്യം ഇവിടെ അനുഭവം എന്ന് പറഞ്ഞാൽ അർത്ഥം പറഞ്ഞിരിക്കുന്ന അണുർ വാച്ച് അപ്പൊ ഈ കാണുന്ന വെള്ളം പൂർവ്വദിഷ്ടമല്ല പൂർവ്വദിഷ്ടം ഇവ നമ്മ കണ്ടത് പോലെയാണ് ഇപ്പൊ സ്മൃതി രൂപ പരത്ര പൂർവ്വദിഷ്ടാവപാസാന്ന് പറയുന്നത് സ്മൃതിരൂപാന്ന് വെച്ചാൽ സ്മൃതിയുടെ രൂപം പോലെ അവിടെ പൂർവ്വദിഷ്ട പൂർവദൃഷ്ട ഇവ നമ്മുടെ പ്രപഞ്ചമെല്ലാം മിഥ്യയാണ് തുടക്കത്തിൽ പറഞ്ഞെന്താണ് യുഷ്മസ്മത് പ്രത്യ ഗോചരയോഹോ അസ്മത് പ്രത്യകോചനമായ ആത്മാവും യുഷ്മത്പ്രത്യകോചനമായ ദേഹീന്ദ്രിയാദികളും തമ്മിൽ തദാത്മ്യുണ്ട് അധ്യാസമാണ് എന്ന് പറഞ്ഞു എന്നുവെച്ച ശരീരത്തിൽ അഹംബോധം വരുന്നു അപ്പോ ദേഹേന്ദ്രിയാദികളെല്ലാം എന്താണ് സത്യമാണല്ലോ അപ്പൊ പിന്നെ ഇതെങ്ങനെ അധ്യസ്ഥമാവും അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത് സത്യമല്ല ഇതിൽ എന്താണ് അന്തർവാച്യമാണ് മിഥ്യാണ് അപ്പൊ മിഥ്യയായ ദേഹേന്ദ്രിയാദികളും ആത്മാവും തമ്മിൽ അധ്യാസം വന്നിട്ടാണ് ഈ മിഥ്യയായ ദേഹ ഇന്ദ്രിയാദികളിൽ അഹം അമ എന്നുള്ള ബോധം വരുന്നത് അന്യോന്യ അധ്യാസം സംഭവിക്കുന്നതിന് ഒന്ന് സത്യമായ മതി മറ്റാസത്യമായിരിക്കും ഒന്ന് ഏതാണ് സത്യം ഒന്ന് ഏതാണ് സത്യം ആത്മാവാണ് സത്യം അസത്യേതാണ് ശരീര ഇന്ദ്രിയാദികളെല്ലാം അസത്യമാണ് അതോടെ അധ്യാസം എന്താണെന്ന് പറഞ്ഞു അപ്പൊ എന്താണ് തഥാപി അന്യോന്യസ്മിന് അന്യോന്യാത്മകതം അന്യോന്യധർമ്മം ചധ്യസ്ഥ ഇതിലെതിരാവേകന അത്യന്തോ ധർമ്മർമ്മ ഹോ മിഥ്യാജ്ഞാന നിമിത്ത എന്ന് പറഞ്ഞെടുത്ത് അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാമന്യോന്യധർമാഞ്ചാദ്യ ആത്മാവും അനാത്മാവും തമ്മിൽ ആരോപിക്കുന്നു എന്നറിയുമ്പോൾ ആത്മാവ് സത്യമായിരിക്കുന്നു അല്ല അനാത്മാവ് സത്യമാകൊണ്ട് ആരോപിക്കുന്നില്ല അത് അസത്യമായ അനാത്മാവാണ് ആത്മാവിൽ ആരോപിക്കുന്നത് ആരോപിക്കുന്നോണ്ട് തന്നെ അത് അസത്യമാണ് അസ്യം ആത്മാവ് സത്യമാണ് അതാണ് ഏവഞ്ചാ ദൈന്ദ്രിയ പ്രപഞ്ചോ അപ്പി അണർവാച അപൂർവോപി അപൂർവോപി എന്നുവെച്ചാൽ യഥാർത്ഥമായി ഇതിനെ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും എന്നർത്ഥം പൂർവദിഷ്ടം അതിനെ കുറിച്ചാണ് പറയുന്നത് പൂർവ്വദിഷ്ടംന്ന് ചോദിച്ചു കഴിഞ്ഞു ഇപ്പൊ ജോലി ദേഹേന്ദ്രിയൊക്കെ കണ്ടിട്ടുണ്ടോ പൂർവ്വദിഷ്ടം മുമ്പ് കണ്ടതിനെ ആരോപിക്കുന്നു ഇതിനാരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ അപ്പൊ അറിയാം അധ്യസിച്ചിരിക്കുന്നു ആത്മാവിന് ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ഇതിനെ സത്യമായി ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ജന്മ കഴിഞ്ഞ ജന്മത്തിൽ ഇതിനെ എങ്ങനെ കണ്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ അധ്യസ്ഥമായി കണ്ടു അതാണ് പൂർവ്വദിഷ്ട പൂർവദിഷ്ടം ഇവ എന്ന് പറഞ്ഞാൽ അതാണ് കുമ്പ് പൂർവ്വജന്മത്തിൽ കണ്ടതുപോലെ അവൾ പറഞ്ഞു അപൂർവോപി സത്യമായി മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും മിഥ്യാരൂപത്തിന് മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ സ്മൃതിരൂപം വന്നു പൂർവ്വദിഷ്ഠ ഇവയും വന്നു സ്മൃതിരൂപ ഇവയും അതാണ് പറഞ്ഞത് മുമ്പിലുള്ള മിഥ്യാജ്ഞാനം കാണിച്ചു എന്ത് ഈ ശരീരം മുമ്പിലവിടെ പൂർവ്വജന്മം പൂർവ്വജന്മത്തിലെ മിഥ്യാജ്ഞാന ഈ ശരീരത്തേക്ക് ഇങ്ങനെ അനുഭവം പ്പെടുത്തിയതുകൊണ്ട് ഇത് പൂർവ്വദിഷ്ട പരത്ര അവതാണ് അത് കണ്ടതുപോലെയാണ് പരത്ര ചിതാന് അധ്യസ്യത്തെ ഇത് പോയി എന്ത് ചെയ്യുന്നു പൂർവ്വദിഷ്ഠ പരത്ര അവ പൂർവ്വദിഷ്ട എന്ന് വെച്ചു എന്താണ് കണ്ടതാണിത് കഴിഞ്ഞ ജന്മത്തിൽ ശരീരം കണ്ടും കരത്ര ചിതാത്മാവിൽ ഈ ജന്മത്തിൽ വീണ്ടും അധ്യസിക്കുന്നു കണ്ട അതിനോളല്ല അതുപോലെ അധ്യസിക്കുന്നു അതല്ല ഇത് മുമ്പ് കണ്ടതുപോലെ നിധി ഉപന്നം അധ്യാസലക്ഷണ യോഗ ഇതിലിപ്പോ അധ്യാസലക്ഷണത്തെ യോജിപ്പിച്ചിരിക്കുകയാണ് ഉദാഹരണത്തിലൂടെ അധ്യാസ ലക്ഷണത്തെ വെളിപ്പെടുത്തി നടത്തണം എന്താണെന്ന് വിശദീകരിച്ചു സ്മൃതിരൂപ പൂർവ്വദിഷ്ട പരത്ര പൂർവ്വജന്മത്തിലെ സ്മൃതി കൊണ്ട് ഈ ജന്മത്തിൽ ആത്മാവിൽ മിഥ്യയായി ശരീരത്തെ ആരോപിച്ചിരിക്കുന്നു ചുരുക്കം പൂർവ്വജന്മത്തിലെ സ്മൃതി കൊണ്ട് മിഥ്യയായ ഈ ശരീരാദികളെ ഈ ദേഹത്തിൽ ആരോപിച്ചിരിക്കുന്നു അപ്പൊ മിഥ്യയാണെങ്കിൽ ഇതിന്റെ ബാധ സംഭവിക്കണ്ടേ നേരത്തെ പറഞ്ഞല്ലോ മിഥ്യയാണെങ്കിൽ ബാധ സംഭവിക്കണം അഹേന്ദ്രിയാദി പ്രപഞ്ച ബാധന ഉപപാതയിഷ്യതാദി പ്രപഞ്ചത്തിന്റെ ബാധ ഇനി യുക്തിയുക്തമായി വിശദീകരിക്കും ഉപപാതയിഷ്യത ഇനി വിശദീകരിക്കും അഥാതോ ബ്രഹ്മ ജിജ്ഞാസെന്നു പറയുന്ന അധശബ്ദത്തിന്റെ വരും തത്വസമന്വയത് എന്ന് പറയുന്ന നാലാമത്തെ സൂത്രത്തിന്റെ വ്യാഖ്യാനത്തിനും ഭാഷത്തിന്റെ വ്യാഖ്യാനത്തിനും ഇത് അതാണ് ഉപവാദ വിശദെന്ന് പറഞ്ഞ ഇത് വിശദീകരിക്കും അവിടെ വ്യക്തമാവുന്ന കാരണം അത് ഒരുപാട് ഉണ്ട് അതുകൊണ്ട് അതിവിടെ പറയാൻ പറ്റില്ല ചിതാത്മാതി സ്മൃതി ഇതിഹാസ പുരാണ ഗോചരൂർ മുക്തസ്വഭാവ ചിതാത്മാവിന് സത്വുമായിട്ട് തന്നെ നിർവചിക്കണോ മിഥ്യല്ല മിഥ്യ എന്താണ് സ്ഥിന്ദ്രിയാണ് മിഥ്യ ചിതാത്മാവാണെങ്കിലോ സത്യമാണ് അത സത്വനെയെന്ന് വാശി സത്യമായ ചിതാത്മാവിനെന്താണ് പ്രമാണം പറയുന്നത് ശ്രുതി സ്മൃതി ഇതിഹാസപുരാണ ഗോചര അതിന്റെയൊക്കെ വിഷയമാണ് സത്യമായ ചിതാത്മാവിന്റെ വിഷയമാണ് ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണ എല്ലാം സത്യമായ ചിതാത്മാവിനെ കുറിച്ച് പറയും തന്മൂലഹ അപ്പൊ ഇവയാണ് ഇതിന്റെ പ്രമാണം മൂന്നെന്നു വെച്ച പ്രമാണം തത് അവിരുദ്ധ ന്യായ നിർണ്ണീത അപ്പൊ ആ പ്രമാണത്തിന് വിരുദ്ധമല്ലാത്ത ന്യായം യുക്തികൾ കൊണ്ട് നിർണ്ണയിക്കപ്പെട്ടതാണ് ഇതിന്റെ സ്വഭാവം ഏതിന്റെ ചിതാത്മാവിന്റെ ശ്രുതിക്ക് വിരുദ്ധമല്ലാത്ത യുക്തികൊണ്ട് നിർണ്ണയിക്കപ്പെട്ടതാണ് ചിതാത്മാവിന്റെ സ്വഭാവം എന്താണ് സ്വഭാവം ശുദ്ധ ബുദ്ധ മുക്ത മൂന്ന് കാര്യങ്ങൾ ചിതാത്മാവ് ശുദ്ധമാണ് മുക്തമാണ് ബുദ്ധമാണ് അങ്ങനെയുള്ള സ്വഭാവമൊക്കെ സ്വരൂപം ചിതാത്മാവിന്റെ സ്വരൂപം എന്താണത് ശുദ്ധമാണ് ബുദ്ധമാണ് മുക്തമാണ് അങ്ങനെയുള്ള സ്വരൂപം ഓളാണ് ചിതാത്മാവ് അതെങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു ന്യായം ശ്രുതിസ്മൃതി ഇതിഹാസ പുരാണങ്ങൾക്ക് വിരോധം വരാത്ത യുക്തിയിലൂടെ നിർണയിക്കപ്പെടുന്നു പ്രമാണമെന്താണ് അത് ശ്രുതിസ്മൃതി ഇതിഹാസ പുരാണങ്ങളാണ് അങ്ങനെയുള്ള ആ ചിതാത്മാവിന് അധ്യസിച്ചാണ് ഈ പ്രപഞ്ചം ആ ചിതാത്മാവ് സത്യമാണ് സത്യവിനോ വച്ച് ഈ ശരീരാദി പ്രപഞ്ചം എന്താണ് പേര് പ്രപഞ്ചം എന്താണ് മച്ച